एलोही <laughs> निष्टि അവിദ്യ സ്വാൻഭവനൂപ്യത മൂഢോഹം വിജ്ഞാനം ഉപദ്രവത്തിന് വിദ്യ അന്യവധാരയത് നിർവഹിതം അതനുഭവം അത് അനുഭവമായതുകൊണ്ടാണ് വിദ്വാൻമാർ ആത്മബോധമുള്ളവർ ഉപദേശന്ധിച്ച് അന്യേഭ്യം മറ്റുള്ളവർക്ക് അതിനുപദേശിക്കുന്നു മറ്റുള്ളവരെന്ത് ചെയ്യുന്നു തഥാന്യ അവധാരണ്യ മറ്റുള്ളവർക്കും അനുഭവം ഉണ്ടാകുന്നു ജ്ഞാനത്തിൻ്റെ അനുഭവം അത് അനുഭവമാണ് അതും പ്രത്യക്ഷമായ പ്രത്യക്ഷമായ അനുഭവമെന്നോ അത് രോക്ഷമായ അനുഭവം എന്ന് പറയാം ജ്ഞാനം ഉണ്ടാകുക അതനുഭവപ്പെടാതിരിക്കുക അത് സംഭവിക്കത്തില്ല ഏത് വിഷയത്തിലായാലും ജ്ഞാനം ഉണ്ടായാലും അത് പ്രത്യക്ഷമായിരിക്കും സ്വസ്വരൂപത്തെ സംബന്ധിച്ച ജ്ഞാനം ആ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയങ്ങളെയെല്ലാം ദൂരീകരിക്കുന്ന ഒരു ജ്ഞാനം അത് പ്രത്യക്ഷമായിരിക്കും പ്രത്യക്ഷമായിരിക്കുന്നതുകൊണ്ട് എന്താണോ അത് ദുഷ്ടസ്വരൂപമല്ല അത് മറ്റ് അനുഭവങ്ങളെപ്പോലെ തന്നെ അതും കല്പിതമാണ് അത് പ്രത്യക്ഷമായിട്ട് കൂടി മറ്റു അനുഭവങ്ങളെപ്പോലെയെന്ന് മാത്രമല്ല വിദ്യ അവിദ്യയിച്ച വിദ്യയും അവിദ്യയും തുല്യമാണ് കൽപ്പിതം എന്നുള്ള നിലയ്ക്ക് വിദ്യയും അവിദ്യയും ജ്ഞാനവും അജ്ഞാനവും ഒന്ന് തന്നെ നാമരൂപേ നാമധർമ്മവും അതിന് ഉദാഹരണം പറഞ്ഞു നാമരൂപങ്ങളെപ്പോലെ അതിന് ശ്രുതിയും പറഞ്ഞു തേജ പുനർ നാമരൂപേ അഹോരാത്രി ഇവ കട്ടിതേ എന്ന പരമാർത്ഥതോ വിദ്യമാണ് എന്ന് പറയുന്ന നാമരൂപങ്ങൾ ബാഹ്യമായ നാമരൂപങ്ങളെക്കുറിച്ച് പറയു ശബ്ദവും ും സവിതരി അഹോരാത്രിത സൂര്യനിൽ അഹോരാത്രങ്ങളെ കൽപ്പിക്കുന്നത് പോലെ സൂര്യനെ ആശ്രയിച്ചുകൊണ്ട് രാമനെയും പകലിനെയും കൽപ്പിക്കുന്നത് സൂര്യനെ സംബന്ധിച്ച് രാവെന്നോ പകലെന്നോ അല്ല അതേകരൂപത്തിൽ പ്രകാശിക്കുന്നു കേവലമായ പ്രകാശമാണ് പക്ഷേ ജീവൻ എന്ത് ചെയ്യുന്നു ഭൂമിയിൽ ഇത് രാവണോ ഇത് പകലാണോ എന്നിങ്ങനെ കൽപ്പിക്കും തീർച്ചയായും സൂര്യൻ്റെ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് പക്ഷെ അതിന് സൂര്യന് പങ്കു ജീവൻ കൽപ്പിക്കുകയാണ് പരമാർത്ഥത്തിൽ എന്താണോ നിലനിൽക്കുന്നത് ആ സൂര്യൻ മാത്രം എന്നാ പരമാർത്ഥത വിദ്യമാനേ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല അതാണ് ഇവിടെ പ്രാധാന്യം പ്രധാനത്തിനാണ് അപ്പോൾ ജ്ഞാനവും അജ്ഞാനവും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല ഇത് കല്പിതമാണ് അതുപോലെ തന്നെ ഈ ജാഗ്രത്തിലെ പ്രതീതികളല്ല കല്പിതമാണ് ജാഗ്രതത്തില് എല്ലാ അനുഭവങ്ങളും കൽപ്പിതമാണ് എല്ലാ അനുഭവങ്ങളെയും കൽപ്പനയിൽപ്പെടുത്തിയിരിക്കുന്നു ആ അനുഭവങ്ങളെ നിഷേധിക്കുന്ന ഒരു ജ്ഞാനം ഉണ്ടാവും അതും കൽപ്പന തന്നെയാണ് എന്തുകൊണ്ടത് കൽപ്പനയാകുന്നു കാരണം അത് ബുദ്ധിയുടെ പ്രവർത്തനമാണ് ബുദ്ധിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥമല്ല പരമാർത്ഥത്തെ ആശ്രയിച്ചുള്ള ഒരു പ്രവർത്തനം ജാഗ്രതത്തിൽ പ്രപഞ്ചത്തെ അറിയുന്നു നാം രൂപാത്മകമായി ജാഗ്രതത്തിൽ സ്വസ്വരൂപത്തെ അറിയുന്നു സച്ചിതാനന്ദമായി ഇതെല്ലാം ആത്യന്തികമായി ചൊല്ലി കൽപ്പനയാണ് ജാഗ്രതയിലിരുന്നുകൊണ്ട് ജാഗ്രത സ്വപ്ന സുഷൃക്തികളെ അറിയും ഇതെല്ലാം കൽപ്പന ഇവിടെ പറയുന്നത് ആ കല്പനകൾക്ക് ആധാരമാണ് സ്വരൂപം എന്നാണ് കല്പനയ്ക്കാധാരമായ സ്വരൂപം അതും ഒരു കല്പനയായിക്കൂടെ അതാകാൻ വേണ്ടി അതിനോട് സുശക്തി പറയുന്നു കാരണം കൽപ്പനകളില്ലാത്തിടത്തുള്ള സ്ഥിതി സുഷൃത്തിയിൽ കൽപ്പന ഉണ്ടായിരുന്നു പറയാമേ അവിടെ വിദ്യയോ അവിദ്യയോ എന്തെങ്കിലും വിദ്യയെ അവിദ്യയെ കുറിച്ചുള്ള കൽപ്പനകളൊന്നും അവിടെ സത് അസത്ത് എന്നുള്ള ഭേദം സൃഷ്ടിയിലില്ല ഇല്ലാത്തപ്പോഴും കൽപ്പനാരഹിതനായി താനവിടെ ശേഷിച്ചിരുന്നു അത് കല്പനയാൻ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കല്പന ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ ജാഗ്രത ഏതെങ്കിലും ഒരു ബുദ്ധി ഒരു ചിന്ത ഉയർന്നു വന്നാൽ അത് ജാഗ്രത ആയി പക്ഷേ സുഷിത്വയെ പറഞ്ഞില്ല അതിങ്ങനെ ആയിരുന്നു അതിങ്ങനെ ആയിരുന്നു ഒന്നും പറയാൻ കഴിഞ്ഞില്ല പിന്നെ എന്താ പറയുന്നത് അവിടെ കല്പനാശൂന്യമായിരുന്നു കല്പനാശൂന്യമായ ഒരു അവസ്ഥ അതിന് പറയാം ഏത് പേര് കൊണ്ടു വേണോ പറയാം അതിന് സച്ദാനന്ദോ ആത്മാവെന്നോ ആ വിദ്യ എന്നോ എന്ത് പേരിട്ട് വേണോ വിളിക്കാം അവിടെ ഒരു കാര്യം അംഗീകരിക്കുന്നു എന്താണത് കൽപനാശൂന്യമായിരുന്നു കല്പനാശൂന്യമായ ഒരു നില തനിക്കുണ്ടായിരുന്നു അപ്പൊ അത് അംഗീകരിച്ചു അത് കല്പന എന്ന് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് കാരണം അവിടെ അങ്ങനെ ഒന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിയാത്ത ഒരവസ്ഥ അത് ആ അവസ്ഥയിൽ നിന്ന് ശേഷം ഉള്ളുന്നതിന് ശേഷം പറയാൻ കഴിയുന്നു അപ്പോൾ കൽപ്പനാ ശൂന്യമായൊരു ഒരവസ്ഥ എനിക്കുണ്ട് അതിൽ ഈ കൽപ്പനകളെല്ലാം നടക്കുന്നു അതുകൊണ്ടത് പരമാർത്ഥം ബാക്കി എന്താണ് ഉള്ള എല്ലാ കൽപ്പനകളും താൻ അതുകൊണ്ടാണ് പറയുന്നത് ബന്ധവും മോക്ഷവും കൽപ്പനയാണ് ആത്മാവ് കൽപ്പനായിക്കൂടെ സ്വ സ്വരൂപം കൽപ്പനായിക്കൂടെ എന്ന് ചോദിക്കും എന്തുകൊണ്ട് കൽപ്പനായി കൂടെ അതാകാൻ വഴിയില്ല എന്തുകൊണ്ട് അത് കല്പനാശൂന്യമായ അവസ്ഥയാണ് അത് കടന്നുപോകുന്നു അങ്ങനെ ഒരവസ്ഥയിലൂടെ കടന്നുപോകുന്നു അതിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയത്തില്ല നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം ബുദ്ധി വേണം ബുദ്ധിയില്ലാതെ നിഷേധിക്കാൻ പറ്റത്തില്ല ബുദ്ധി കൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അതെങ്ങനെയായിരിക്കും എന്റെ നിഷേധം ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുന്നതായിരിക്കും എന്റെ നിഷേധം അത് സാധ്യമാണ് കൽപ്പനാശൂന്യമായ ഒരവസ്ഥ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അത് അംഗീകരിച്ചേ പറ്റൂ അതാണ് സ്വന്തം അസ്തിത്വത്തെ നിഷേധിക്കാൻ നിഷേധിക്കണമെങ്കിൽ ബുദ്ധി വേണം ബുദ്ധി കൊണ്ട് നിഷേധിക്കാൻ നിഷേധിക്കണമെങ്കിൽ ഇവിടെ നിഷേധിക്കണം ജാഗരത്തിലുണ്ട് ജാഗ്രത്തിലിരുന്നു കൊണ്ട് ആത്മാവിനെ നിഷേധിക്കാൻ സാധ്യമല്ല ജാഗ്രത്തിലിരുന്നു കൊണ്ട് ആത്മാവിനെ നിഷേധിക്കേണ്ടത് ബുദ്ധി കൊണ്ടാണ് ബുദ്ധിയുണ്ട് അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല കാരണം ജാഗ്രത്തിലിരുന്നു കൊണ്ടുള്ള തന്റെ ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ആ അനുഭവം അത് ബുദ്ധിയുടെ തന്നെ നിഷേധമാണ് ബുദ്ധിയുടെ നിഷേധത്തെ ബുദ്ധി കൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആത്മാവിനെ നിഷേധിക്കാൻ വയ്യാത്തത് ബാക്കി സർവത്തെയും നിഷേധിക്കുക അതിനും ബുദ്ധി കൊണ്ട് സമർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് അതിന്റെ ആവശ്യവും വരുന്നത് എന്തുകൊണ്ട് ബുദ്ധിശൂന്യമായ നിലയാണത് ുദ്ധിയുണ്ട് സമർത്ഥിക്കാനും കഴിയില്ല അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് ആത്മാവിനെ നമുക്ക് ബുദ്ധിയുണ്ട് സമർത്ഥിക്കാനും കഴിയില്ല ബുദ്ധിയൊണ്ട് നിഷേധിക്കാനും കഴിയില്ല ഏതോ വാച്ചോ നിവൃത്തണ്ട പ്രാപ്തി മനസ്സാസ് ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആത്മാവിന് മറ്റൊന്നിനെ നമുക്ക് സമർത്ഥിക്കാനും മറ്റൊന്നിനെ നിഷേധിക്കാനും സാധ്യമല്ല അതുകൊണ്ടാണ് ഭാഷകാരം പറയുന്നത് ആത്മഭിന്നമായി പ്രതീതമാകുന്നതെല്ലാം സമർത്ഥിക്കാനോ നിഷേധിക്കാനോ കഴിയാത്തതാണ് അനുവചനീയം അവിദ്യ എന്ന് പറയുന്നു അത് സാധ്യമല്ല അതുകൊണ്ട് അതിനെ പറയുന്നു കേവല പ്രതീതി ഇതെല്ലാം വേദാന്ത വിചാരത്തിന്റെ പരമകാഷ്ടയിൽ ബോധ്യപ്പെടുന്ന സംഗതികളാണ് കേവല പ്രതീതി മാത്രം കേവല പ്രതീതി ആയിട്ട് ഇതിനീകരിക്കുമ്പോൾ ഇവിടെ ഇതിന് കാര്യകാരണബന്ധ ബന്ധമില്ല അതാണ് മാണ്ഡു നമ്മൾ ചർച്ച ചെയ്ത അജാതവാദം അജാതവാദം എന്ന് പറഞ്ഞാൽ ബന്ധത്തെ നിഷേധിക്കും ഇവിടെ എങ്ങനെ കാര്യകാരണം സംഭവിക്കുക വളരെ വളരെ ചർച്ച ചെയ്തതിനു ശേഷം പറയുന്നു ഇതിന് കാര്യകാരണത്തെ കല്പിക്കാനൊക്കെ അതുകൊണ്ടെന്താ പ്രയോജനം ഈ ജാഗ്രതത്തിന് ഈ പ്രതീതി ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിനെന്താ കാരണം പ്രതീതിക്ക് ഒരു കാരണം വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് പ്രതീതിക്ക് കാരണത്തെ അന്വേഷിക്കുന്ന എന്തുകൊണ്ട് ഈ പ്രതീതി സത്യമാണെന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് കാണുന്നു പിതാവില്ലാതെ പുത്രൻ ഉണ്ടാകുന്നില്ല പുത്രൻ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പിതാവ് വേണം എന്തുകൊണ്ട് കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം പിതാവിനും പുത്രനും അസ്തിത്വമുണ്ട് പ്രതീതി എന്ന് പറഞ്ഞാൽ അസ്തിത്വശൂന്യമായ ഒന്നാണ് അസ്തിത്വ ശൂന്യമായ ഒന്നിന് കാരണമില്ല അസ്തിത്വം കൊണ്ടിടത്തെ കാര്യം കാരണം എന്നുള്ള ഭേദമാണ് ഇതിന് കാരണമില്ല അതുകൊണ്ട് ഇതിന്റെ കാരണത്തെ അന്വേഷിച്ച് അവരുടെ അടുത്തും പോകേണ്ട കാര്യമില്ല ഇതിന്റെ കാരണം ജാഗ്രത്തിലുമില്ല സ്വപ്നത്തിലുമില്ല ആത്മാവൻ പ്രതീതമാകുന്നു അത്ര പക്ഷേ ഇത് സത്യമായി കാണുമ്പോൾ ഇതെന്തായ വ്യവഹാരമാണ് ജാഗ്രത്തിൽ വ്യവഹാരം സ്വപ്നത്തെ സത്യമായിക്കൊണ്ട സ്വപ്നത്തിൽ വ്യവഹാരം അവിടെ അസ്ഥി നാസ്തി ഉണ്ട് ഇല്ല എന്നുള്ള ഭാവങ്ങളുണ്ട് അനുഭവമുണ്ട് അതിനെ ആശ്രയിച്ച് കാര്യകാരണം ഉണ്ട് അതുകൊണ്ട് അദ്വൈതത്തിൻ്റെ പരമാർത്ഥമായ ഒരു കാര്യമാണ് പറയുന്നത് പരമാർത്ഥതോ വിദ്യമാനേ ഇതൊക്കെ നൂറ് തവണ കേട്ടു കഴിഞ്ഞാലും അതിന്റെ താല്പര്യം മനസ്സിലാക്കുന്നതിന് സമയം പിടിക്കും ഇത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല നമ്മൾ സാധാരണ പറയാറുണ്ട് ഇതിനൊക്കെ കാരണം അവിദ്യയാണ് എന്ന് പറയും പൊതുവെ പറഞ്ഞു വരുന്നതാണ് എന്താണ് അവിദ്യ ഭാഷകാരൻ തന്നെ പറയും അവിദ്യ കൊണ്ട് ഇതൊക്കെ ഉണ്ടായി എന്താ അവിദ്യ എന്ന് പറയും ഈ സത്തായി അനുഭവപ്പെടുന്ന ഈ പ്രതീതിക്ക് അവിദ്യ കാരണമെന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കും അവിദ്യ എന്ന് പറയുന്ന കാരണത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കും അവിദ്യ എന്ന് പറയുന്ന എന്തോ ഒന്നുണ്ട് അതിന് ഒക്കെ സൃഷ്ടിച്ചു അവിദ്യ എന്ന് പറയുന്ന എന്തോ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിദ്യയ്ക്ക് ഒരു അസ്തിത്വത്തെ നമ്മൾ കൽപ്പിക്കും ഇവിടെ പറയുന്ന എന്താണോ അവിദ്യ എന്ന് പറയുന്നത് നവിദ്യത ഇല്ലാത്തതാണ് എന്നുവെച്ചാൽ അവിദ്യ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായിട്ട് ഇതിനെ സൃഷ്ടിക്കുകയല്ലോ അങ്ങനെ ഒന്നല്ല നിലനിൽ നിന്നിട്ട് സൃഷ്ടിക്കുന്ന ഒന്നല്ല വിദ്യ എന്തുകൊണ്ട് വ്യവഹാരത്തിൽ ആണ് ഈ ഉണ്മയും അതിൻ്റെ നിഷേധവും അസ്തിത്വവും അതിന്റെ നിഷേധവും ഈ വ്യവഹാരത്തിലാണ് ഇതിന് കാരണമായിരിക്കുന്നത് പറയുന്നു അവിദ്യ എന്ന് വെച്ചാൽ അതിന് ഉണ്മയെ അംഗീകരിക്കുന്നില്ല ഇല്ലായ്മയെ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്തുകൊണ്ട് ഇല്ലായ്മയും വ്യവഹാരത്തെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടില്ല എന്ന് പറയുന്ന ഈ അനുഭവം വ്യവഹാരത്തിലല്ലേ ഉള്ളൂ അതുകൊണ്ട് ഭാഷകാരം പറഞ്ഞു അവിദ്യ അത് ഈ വ്യവഹാര നിയമത്തിൽപ്പെടുന്ന അല്ല എന്ന് വെച്ചാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് ഈ വ്യവഹാര നിയമത്തിൽപ്പെടുന്ന അതിൽ വ്യവഹാരത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇല്ല എന്ന് പറയുന്നത് കേവലം ഉണ്മയെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടല്ല വ്യവഹാരത്തെ നിഷേധിക്കുന്നു ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഈ വ്യവഹാരത്തൊന്ന് ശരിക്കും ഉണ്ടില്ല എന്ന് പറയുന്ന വ്യവഹാരം അത് പരസ്പര സാപേക്ഷമായി നിൽക്കുന്നതാണ് ഇതിന്റെ കാരണം അത് നിർവചിക്കാൻ വയ്യെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ വയ്യ അപ്പോ ഉണ്ട് ഇല്ല എന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചാനുഭവത്തിന്റെ കാരണത്തെ ോ ഇല്ലെന്നോ നിർവചിക്കാൻ വയ്യ അപ്പൊ ഇത് രണ്ടും തമ്മിലെന്താ ബന്ധം കാര്യത്തിന്റെ രൂപമൊന്നും ഉണ്ട് ഇല്ല എന്ന അനുഭവപ്പെടുന്നു കാരണത്തെ ഉണ്ട് ഇല്ല എന്ന് നിർവചിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ ഈ വ്യവഹാരത്തിന് ഉള്ളിൽ കാണപ്പെടുന്ന കാര്യകാരണ ബന്ധം അവിദ്യയും ഈ പ്രപഞ്ചവും തമ്മിലില്ല അതിനു വേണ്ടിയിട്ടാണ് അതനുചനീയം എന്ന് പറയുന്നത് അതുകൊണ്ട് പറയുന്നു മൂന്ന് കാലത്തിലും അതില്ലാത്തതാണോ മൂന്ന് കാലത്തിലും തന്നെ അത് കന്നില്ല സുഷുതിയിൽ മൂന്ന് കാലമില്ല കാരണം അവിടെ കാലബോധമില്ല മൂന്ന് കാലത്തിൽ നൽകുന്ന ഒന്നും അവിടെയില്ല അപ്പൊ മൂന്ന് കാലത്തിൽ നനകുന്ന സർവത്തെയും അവിടെ നിഷേധിച്ചിരിക്കുന്നു ആ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവഹാരത്തിന് നിഷേധം പോലും നിഷേധിക്കാനല്ല വ്യവഹാരത്തിന് നിഷേധം വ്യവഹാരത്തിലെ സാധ്യമാണ് അവിടെ നിഷേധിക്കുന്നതിന്റെ താല്പര്യം കേവലം തന്റെ അസ്തിവം അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് സൃഷ്ടിയിൽ തന്റെ അസ്തിത്വം ഉണ്ട് സൃഷ്ടിയെ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഉണ്ട് ഇല്ല എന്ന് ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് പറയുന്ന തർക്കങ്ങളൊന്നും സൃഷ്ടി സാധ്യമല്ല സൃഷ്ടിയെ സംബന്ധിച്ച് സാധ്യമല്ല എന്തുകൊണ്ട് ഉണ്ട് ഇല്ല എന്ന് പറയുന്ന വ്യവഹാരം അവിടെ ഇല്ല ബുദ്ധി പ്രവർത്തിക്കാത്തടത്ത് എങ്ങനെയാ വ്യവഹാരം വരുന്നത് അതുകൊണ്ട് പാരമാർത്ഥികമായി അവിടെ ഇന്നതുണ്ട് ഇന്നതില്ല എന്നൊന്നും പറയാൻ പറ്റും അതാണ് നമ്മുടെ അനുഭവം പറയുന്നു ഒന്നും അറിഞ്ഞില്ല ഉണ്ടെന്ന് പറഞ്ഞില്ല ഇല്ലെന്നും പറഞ്ഞില്ല അവിടെ ആത്മാവുണ്ടെന്നറിഞ്ഞില്ല അവിദ്യ ഉണ്ടെന്നറിഞ്ഞില്ല ആത്മാവില്ലെന്നറിഞ്ഞില്ല അവിദ്യ ഇല്ലെന്നറിഞ്ഞില്ല അവിടെ വാക്കും മനസ്സും പിൻവലിഞ്ഞിരിക്കുന്നു അതാണ് പരമാർത്ഥസ്വരൂപം ബാക്കിയുള്ളതെല്ലാം വിദ്യാവിദ്യകളെല്ലാം എന്താണ് എന്നാൽ പരമാർത്ഥത്തോ വിദ്യമാനോ പരമാർത്ഥത്തിൽ അവിടെ ഒന്നുമില്ല അതുകൊണ്ട് യുക്തിയിലൂടെ അവിടെ ഒന്നും സമർത്ഥിക്കാൻ പറ്റില്ല നമുക്ക് നിഷേധിക്കാൻ വയ്യാത്ത ഒരു അനുഭവം അനുഭവത്തിലൂടെ അത് അംഗീകരിക്കേണ്ടി വരുന്നു അത്രമാത്രം അവിടെ അഭേദമാണോ ഒരു തരത്തിലുള്ള ഭേദമുണ്ട് അതുകൊണ്ട് പറയും എന്താണോ ഈ പ്രപഞ്ചമെല്ലാം അവിടെ വിലയിച്ചിരിക്കുന്നു ഇച്ചടുത്ത് പറയും പ്രപഞ്ചമെല്ലാം അവിദ്യയിൽ ലയിച്ചു അവിദ്യ സുഹൃത്തിയിൽ ലയിച്ചു എന്നെല്ലാം പറയും ഇതെല്ലാം പറയുന്നെന്താണോ ഈ അഭേദത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏകത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ലേ പാല് വെള്ളത്തിൽ കലരുന്നത് പോലെ ഈ നാമരൂപങ്ങളെല്ലാം അവിദ്യൂരുന്ന ഒരു വസ്തുവിലേക്ക് കലർന്നു അങ്ങനെയല്ല ഇതെല്ലാ വസ്തുവാണ് അവസ്തുവിന്റെ ശൂന്യത അതിനാണ് പറയുന്നത് ലയം അവിടെ അവിദ്യ ഉണ്ടായിരുന്നു എന്നാലും അതിനെ വേദിരിച്ചില്ല അവിദ്യ ഉള്ളതല്ലെന്ന് പറയാൻ എല്ലാവരും ആ വിദ്യ ഇല്ലായിരുന്നു കേവലമായ ആത്മാവ് മാത്രമായിരുന്നു അതും പറയാൻ വയ്യ എന്തുകൊണ്ട് ഇല്ലായ്മയുടെ അനുഭവം ജാഗ്രതയുള്ളൂ ഇതൊന്നും അവിടെ പറയാൻ കഴിയും യുക്തി അവിടെ പ്രവർത്തിക്കാത്തടത്ത് ഉണ്ട് ഇല്ല എന്നുള്ള തർക്കങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല അടുത്ത മന്ത്രത്തിൽ പറയുന്ന അതാണോ എന്തുകൊണ്ട് നമുക്ക് പറയാമെന്നുള്ള ഒന്ന് മാത്രമാണ് േദശൂന്യമായ അവസ്ഥ അതാണ് പരമാർത്ഥം അങ്ങനെ ഭാഷകാരം പറഞ്ഞത് സ്വാഭാവികമാണ് സ്വാഭാവികമായ ഒരവസ്ഥ അതിന് ജാഗ്രതയിലിരുന്നു കൊണ്ട് ആത്മാവെന്നോ സ്വത്തെന്നോ ചിത്തന്നോ ആനന്ദമെന്നോ എന്ത് പേരിട്ടും വിളിക്കാം വാക്ക് എത്താത്തടത്ത് ഉപയോഗിക്കുന്ന വാക്ക് അത്രമാത്രമേ അതിന് അവിടുത്തെ പറയുന്നു അത് തന്നെയാണ് ഇതോ വാച്ചോ നിവിടുത്തേ വാക്കുകൊണ്ട് അവിടെ ഒരു അഭ്യാസവും സാധ്യമല്ല മനസ്സുകൊണ്ടൊരഭ്യാസവും സാധ്യമല്ല അവിടത്തെ സംബന്ധിച്ച് തർക്കങ്ങൾക്കും പ്രസക്തിയില്ല തർക്കങ്ങൾക്കെല്ലാം അപ്പുറം നിൽക്കുന്നു അത് അതിനെക്കുറിച്ച് പറയുന്ന എന്താണ് അത് പരമാർത്ഥം എന്തുകൊണ്ട് ഇത് കല്പിതമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് പറഞ്ഞു എന്ന പരമാർത്ഥ വിദ്യ ഇത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പരമാർത്ഥമാണ് സർവോപരി എന്താണ് അത് നിഷേധിക്കാമയാത്ത ഒരു അനുഭവം അങ്ങനെ ആ വിഷയത്തെ ഇവിടെ സംഹരിക്കുന്നു അടുത്ത് ഇവിടെ പറയുന്നത് എന്താണോ ആനന്ദമയം ആത്മാനും ഉപസംക്രാമതി വിജ്ഞാനമയം ആത്മാനും ഉപസംക്രാമതി എന്നിങ്ങനെ ഒരു ഉപസംക്രമണത്തെക്കുറിച്ച് പറയുന്നു സാറിന് ഉപസംക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറിടത്തേക്ക് പോവുക ഒന്നിനെ വിട്ട് വേറെന്തിനെ പ്രാപിക്കുക ആനന്ദമയമായ ആത്മാവിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെന്തിനെ പ്രാപിക്കുന്നു അഭേദത്തിൽ ഒന്നല്ലേ രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾക്ക് മറ്റൊന്നിനെ പ്രാപിക്കാൻ കഴിയും ഏതം ആനന്ദമയും ആത്മാനോ അസംക്രാമതി ഇതി കർമ്മകർത്തൃത്വാനൂപത്തി അഭേദമായി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവൻ ആനന്ദത്തെ പ്രാപിക്കുന്നു എന്നെല്ലാം പറയുന്നതിൽ ദോഷം നിങ്ങളെ പ്രാപിക്കണമെങ്കിൽ പ്രാപിക്കുന്നവൻ കടത്താവായിരിക്കണം പ്രാപിക്കേണ്ടത് കർമ്മമായിരിക്കണം രാമൻ ഗ്രാമത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ രാമൻ കടത്താവായിരിക്കുന്നു ഗ്രാമം കർമ്മമായിരിക്കുന്നു അതുപോലെയൊക്കെ സംഭവിക്കേണ്ട ഇവിടെ ഏകമാണ് അഭേദമാണ് പിന്നെ ഉപസംക്രമണം എന്ന് പറഞ്ഞിരിക്കുന്ന എന്താ പറയുന്നു വിജ്ഞാനമാതൃത്വസംക്രമ ഇവിടെ ഉപസംക്രമണം എന്ന് പറഞ്ഞാൽ കേവലം വിജ്ഞാനം എന്ന അർത്ഥമാണ് ജീവൻ പരമാത്മാവിനെ ഉപസംക്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്താണോ ജീവൻ ആ പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ചു പരമാത്മ തത്വത്തെ ഗ്രഹിച്ചു വിജ്ഞാനമാത്രം അതിനപ്പുറം ഒരു ഉപസംക്രമിക്കുക എന്ന് പറയുന്നൊരു ക്രിയ അതാണ് വിജ്ഞാനമാത്രത്വ സംക്രമ എന്തുകൊണ്ടത് പറയുന്നു കാരണം അഭേദം പറയുന്നു തസൃവന സൃഷ്ടിച്ചവൻ തന്നെ ഇതിൽ പ്രവേശിച്ചിരിക്കുന്നു സൃഷ്ടിക്കടത്താവ് തന്നെയാണ് ജീവനായിരിക്കുന്നത് അപ്പം ഇവിടെ രണ്ടില്ല രണ്ടില്ലെങ്കിൽ എങ്ങനെ ഉപസംക്രമിക്കും ഒന്നും മറ്റൊന്നിനെ പ്രാപിക്കാൻ സാധ്യമല്ല പക്ഷേ ഈശ്വരനെ പ്രാപിച്ചു മോക്ഷത്തെ പ്രാപിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണോ വിജ്ഞാനത്തെയാണ് ജലൂകാധിപ സംക്രമണിഹോപദേശത അട്ടയും പുഴവും മറ്റും സഞ്ചരിക്കുന്നത് പോലെ ഒരിടത്ത് നിന്ന് വേറെടുത്ത് പോകുന്നു അങ്ങനെ ഒരു സംക്രമണമൊന്നും ഇവിടെയില്ല കിംതർ ഹീ വിജ്ഞാനം മാത്രം സംക്രമണശ്രുതിയുടെ അർത്ഥ വിജ്ഞാനം അതാണ് സംക്രമണശ്രുതിയുടെ അർത്ഥം പരമാർത്ഥ വിജ്ഞാൻ പരമാർത്ഥത്തെക്കുറിച്ചുള്ള വിജ്ഞാൻ പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ ദൂരീകരിക്കുന്ന വിജ്ഞാൻ അതാണ് സംക്രമണം ജനനം മരണം പിന്നീട് ജനനം പുനർജന്മം ഇഹലോക പരലോകപ്രാപ്തി ഇങ്ങനെയെല്ലാം ഉള്ള സംക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതെല്ലാം വ്യവഹാരം ആ വിദ്യ ആശ്രയിച്ചുള്ള വ്യവഹാരമാണ് ആ വിദ്യ ആശ്രയിച്ചുള്ള വ്യവഹാരത്തിൽ ജനന മരണങ്ങളും പുനർജന്മവും എല്ലാം ഉണ്ട് വിദ്യ ആശ്രയിച്ചിട്ടാണെങ്കിലോ സർവ വ്യവഹാരങ്ങൾ അവിടെ അവസാനിക്കുന്നു എന്നാണ് മുഖ്യമേ അസംക്രമണ ശ്രൂയത ഉപസംക്രാമതിരിച്ച് പക്ഷെ സംക്രമണത്തിന് നിങ്ങൾ വിജ്ഞാനം എന്നർത്ഥം പറഞ്ഞു പക്ഷെ ഇവിടെ ഉപസംക്രമണം എന്നാണ് പറയുന്നത് വിജ്ഞാനം ഒന്നല്ല വിജ്ഞാനമാണെങ്കിൽ ആ ശബ്ദം പ്രയോഗിച്ചപ്പോൾ പോലെ എന്നാണ് ചോദിക്കുന്നതിന്റെ താല്പര്യം ഇവിടെ സംക്രമണത്തെ കുറിച്ചാണല്ലോ പറയുന്നത് ശരി സംക്രമണം എന്ന ശബ്ദം ഉപയോഗിച്ചെങ്കിലും ഇവിടെ വിജ്ഞാനം തന്നെ അർത്ഥം എന്തുകൊണ്ട് അന്നമയ അദർശനമാണ് അന്നമയം സംക്രാമത്തോ ബാഹ്യാത് അസ്മാ ലോകാദ് ജലൂകത് സംക്രമണം ദൃശ്യത്തെ അന്യഥാ അന്നമയം ആത്മാനുപസങ്കരാമതി എന്ന് പറയുന്നു അന്നമയമായ ആത്മാവിനെ ഗ്രഹിക്കുന്നു അല്ല അവിടെ എന്താ സംഭവിക്കുന്നത് ആരെങ്കിലും ഒരിടത്ത് നിന്ന് വിട്ട് അന്നമയത്തെ പ്രാപിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ ജീവൻ അന്നമയനായിരുന്നു കൊണ്ട് ജീവൻ അവന്റെ രഹസ്യത്തെ അറിയുന്നു അത്രേയുള്ളൂ ശബ്ദം ഒരേ അർത്ഥത്തിൽ പലതും ഉപയോഗിക്കാം അന്നമയവും സംഗ്രാമത ബാഹ്യത് അസ്മാകാ ജളൂകാവ സംക്രമണം ദൃശ്യത്തി അന്യഥവാശ്യതി അവിടെ ജ്ഞാനം തന്നെ മനോമയസ്യ ബഹിർനിർഗത വിജ്ഞാനമയസിന പ്രത്യാവർത്തി ആത്മസംക്രമണം വേറെ തരത്തിൽ സംക്രമണൂടെ സംഗമ സംഭവിക്കുന്നുണ്ട് താൻ മനോമയനായിരിക്കുന്നു ജീവൻ അല്ലെങ്കിൽ വിജ്ഞാനമയനായിരിക്കുന്നു അങ്ങനെയിരിക്കുന്ന ജീവൻ ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് പോയി ബഹിർമുഖനായി നടത്തും വിഷയങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ അന്തർമുഖനായി ആത്മാവിനെ പ്രാപിക്കുന്നുവെന്ന് സാധാരണ പറയുന്നുണ്ടല്ലോ അങ്ങനെയായാലോ അദ്വിതകളും അങ്ങനെയൊക്കെ പറയാറുണ്ട് ജീവൻ തണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം പ്രാഞ്ചി ഖാനിമ്പത സ്വയംഭു എന്നെല്ലാം പറയുന്നിടത്ത് അത് പറയുന്നു അവിടുത്തെ ചക്ഷുരവിടുത്ത് അമൃതത്വമിച്ചൻ എന്നെല്ലാം പറയുന്നു ഈ ശരീരത്തിലിരിക്കുന്ന ജീവൻ നിർഗമിച്ചു ഇന്ദ്രിയവാരാ വീണ്ടും ഉള്ളിലേക്ക് തിരിയുന്നു എന്തിനാത്മാവിനെ പ്രാപിക്കുക ഇതെല്ലാം പ്രക്രിയകളാണ് വിചാരീതികളാണ് അതിനെല്ലാം ഉയർന്ന വിചാരങ്ങൾ കൊണ്ട് നിഷേധിക്കും അതൊന്നും ശരിയല്ല നത്മനെ ക്രിയാവിരോധം അത് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല താൻ തന്നെ തന്നെ പ്രാപിക്കുകയോ രാമൻ രാമനെ തന്നെ പ്രാപിക്കുക ഗ്രാമം ഗ്രാമത്തെ തന്നെ പ്രാപിക്കുക സംഭവിക്കുന്ന കാര്യമില്ല തനിക്കൊരിക്കലും ധ്യാനിച്ച് ധ്യാനം എന്നു പറയുന്ന മാനസിക ക്രിയയിലൂടെ ആത്മാവിൽ ചെന്ന് ചേരാനൊന്നും കഴിയത്തില്ല താനും ആത്മാവും തമ്മിൽ ദൂരമില്ല അതുകൊണ്ടതിന് കഴിയാത്ത രണ്ടും രണ്ടത്താണെങ്കിൽ രാമനും ഗ്രാമവും പോലെയാണെങ്കിൽ ശരി അവിടെ പതുക്കെ നടന്നില്ല ഇവിടെ താനും ആത്മാവും തമ്മിൽ ദൂരമില്ല ധ്യാനിക്കുന്നവനും ആത്മാവും തമ്മിൽ അകലമില്ല രണ്ടുമെന്ന് തന്നെ സ്വാത്മനിക്രിയ വിരോധ പിന്നെ നമ്മൾ ധ്യാനിക്കുന്നതാണ് അതാ സംബന്ധമൊന്നല്ല പറയുന്നത് ധ്യാനിക്കുന്നത് പലതിനെയും ധ്യാനിക്കാം വിഷയങ്ങൾ ധ്യാനിക്കാം ഈശ്വരങ്ങൾ ധ്യാനിക്കാം പലതിനെയും ധ്യാനിക്കാം ഒന്നും തെറ്റല്ല പക്ഷെ ധ്യാനത്തിലൂടെ സ്വസ്വരൂപത്തെ പ്രാപിക്കാൻ സാധ്യമല്ല നിത്യപ്രാപ്തമായിരിക്കുന്നു ഒന്നിനെങ്ങനെ പ്രാപിക്കും ഏതിനൊരു ക്രിയയിലൂടെ നിത്യപ്രാപ്ത സ്വരൂപമാണത് അതിനാണ് കണ്ട ഇത് മരിച്ചുപോയ അല്ല വിസ്മൃത കണ്ട ചാമരീകന്യായ കഴുത്തിക്കിടുന്ന മാല വിസ്മരിച്ചു ുന്നു അതുപോലെ അതുപോലെ സംഭവിക്കുന്നു അവിടെ വിസ്മരിച്ചു എന്നു ഞാൻ അറിയുന്നില്ല അറിയാതിരുന്നതിനെ കണ്ടെത്തുന്നു അറിഞ്ഞു കണ്ടെത്തുന്നു അറിയുന്നു അതിന് കണ്ടെത്തൽ അതിവിടെയും ശസ്വരൂപത്തെ അറിയാതിരിക്കുന്നു വിസ്മരിക്കാന്ന് പിന്നെ അത് കണ്ടെത്തുന്നു അതിന് പറയും അദ്ദേഹത്തിന് നിത്യപ്രാപ്തമാണ് കഴുത്തിൽ കിടന്ന മാല മറന്നുപോയെങ്കിലും നിത്യപ്രാപ്തമാണ് അത് അവിടെ ഉണ്ട് പക്ഷെ നിത്യപ്രാപ്തമായിട്ടും തന്നെ പ്രാപിക്കേണ്ടി വരുന്നു നിത്യമുക്തമായിരുന്നിട്ടും മോചിക്കേണ്ടി വരുന്നു അതാണ് അത്രയാകൂ ഇവിടെ മറിച്ച് മാനസികമായ ഏതെങ്കിലും ഒരു അഭ്യാസം ധ്യാനം പോലെയുള്ള അഭ്യാസങ്ങളിലൂടെ ജീവനെ അവിടെ കൊണ്ടു ചെന്നെത്തിക്കുക എന്നൊക്കെ പറയുന്നത് പരമാർത്ഥമല്ല അങ്ങനെയൊക്കെ പറയാം ജീവൻ സഞ്ചരിച്ചു പോയിരുന്നു ശരീരം വിട്ട് സഞ്ചരിച്ചു പോയിരുന്നു ഉപാസനകളൂടെ പരിലോകത്തെത്തിയുന്നു എല്ലാം പറയാം പക്ഷെ പരമാർത്ഥം അതല്ല ക്രിയാവിരോധ പ്രധാന ആനന്ദമയസി ആത്മസംക്രമണം പദ്ധതി അതുപോലെ ആനന്ദമയനും ആത്മസംക്രമണമില്ല ആനന്ദമയനും തന്നെ പ്രാപിക്കുന്നു എന്ന് പറയാനും അയ്യോ ആനന്ദത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആത്മാവ് പരമാനന്ദമാണെന്ന് പറയും പക്ഷെ അത് പ്രാപിക്കാൻ കഴിയത്തില്ല വിഷയവിഷയ സംബന്ധത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദങ്ങളെല്ലാം പ്രാപിക്കും അമന്യൻ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നതോ ഈ പറയുന്ന അജ്ഞാന സംശയ വികര്യങ്ങളെല്ലാം അവസാനിച്ചു അതിനർത്ഥമാണ് അല്ലാതെ വിഷയവിഷയ രൂപത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദത്തെക്കാളും വലിയൊരു ആനന്ദത്തെ വിഷയവിഷയ രൂപത്തിൽ അനുഭവിക്കുന്നുവെന്ന് അർത്ഥമുണ്ട് നമ്മൾ അനുഭവിക്കുന്നതിന്നും വലിയ ആനന്ദമല്ലേ ഉണ്ട് അതാണ് മുമ്പ് ചർച്ച ചെയ്യുന്നത് പരമാനന്ദത്തെക്കുറിച്ച് പറയുമ്പോൾ തെരുദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദേവഗന്ധർവന്മാരുടെ എല്ലാം ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ അതുപോലെയുള്ള ആനന്ദവും മറ്റും ധ്യാനിച്ചാൽ കിട്ടും അത് ശരിയാണ് ധ്യാനം അതിനുവേണ്ടിയുള്ളതാണ് അതാകാം ശ്രുതിയിൽ ധ്യാനത്തെ പറയുന്നതിന് വേണ്ടിയിട്ടല്ല പക്ഷെ നമ്മൾ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതിയിൽ ധ്യാനത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ജ്ഞാനത്തിനു വേണ്ടി ആ ജ്ഞാനം വേണ്ടി പരമാനന്ദ സ്വരൂപത്തിൽ സ്ഥിതനാകാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനന്ദത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുണ്ട് വിഷയ വിഷയി സംബന്ധം കൊണ്ടുവരുന്ന ആ ഞാൻ ആനന്ദത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ധ്യാനിച്ചാൽ ആനന്ദത്തെ അനുഭവിക്കാം ആനന്ദം അനുഭവത്തിന് വിഷയമായിരിക്കുന്നത് കൊണ്ട് ആനന്ദത്തിൻ്റെ ഉറവിടം അന്ധകരണമാണ് ആത്മാവല്ല ഒന്നല്ല ഏകാഗ്രതയുള്ളവർക്ക് ആനന്ദം കൂടുതലായി അനുഭവിക്കാൻ അതുകൊണ്ട് പ്രധാന ആനന്ദമിസി ആത്മസംക്രമണം ആനന്ദമയൻ ആത്മസംക്രമണം സംഭവിക്കുന്നില്ല ഒരിടത്തും അസംഭവിക്കുന്നില്ല പിന്നെന്താ സംഭവിക്കുന്നത് ജീവൻ വിജ്ഞാനം ഉണ്ടാവുന്നു അജ്ഞാന സംശയങ്ങളെല്ലാം അതുകൊണ്ട് ദൂരീകരിക്കുന്നു അത്രമാത്രം തസ്മാന്ത പ്രാപ്തി സംക്രമണം അതുകൊണ്ട് സംക്രമണം പ്രാപ്തിയല്ല ഒന്നും മറ്റൊന്നിനും പ്രാപിക്കുന്നതല്ല അന്നമയാദി നാം അന്യതമ കർത്തൃകം ഏതെങ്കിലും അന്നമയാദികൾ ഏതെങ്കിലും ഒന്ന് വ്യതിരിക്ത കർത്തൃകം ഞാന മാത്രം സംക്രമണം ഒടുവിൽ എന്ത് തീരുമാനിച്ചു അന്നമയാദി അന്നമയാ ആനന്ദമയാന്തവ്യതിരിക്തകർത്തമാത്രം സംക്രമണം ഉപദേ അന്നമയാദി ആനന്ദമയാന്തരിതൃകം ഞാനം മാത്രം കേവല ജ്ഞാന് അത് അന്നമയന്റെയോ ജ്ഞാനമയന്റെയോ ആനന്ദമയന്റെയൊന്നും ഞാനല്ല ജീവന്റെ ജ്ഞാനം ജീവന് എല്ലാവരും ഇരിക്കുകയാണ് അന്നമയനായും വിവേകം അതാണ് കൊടുത്ത സംക്രമണം അല്ലാതെ ഓടി ചാടി പോക്കല്ല ജനം മാത്ര ആനന്ദമയ അന്ത സർവാന്തര ആകാശാദ്യ അന്നമയാന്തം കാര്യം അനുപ്രവിഷ്ട അന്നമയാ അനാത്മസ്വത്മവിഭ്രമഹ സംക്രമണക്രിയയല്ല കേവലം ജ്ഞാനം ആംസ്വീകരിച്ചാലോ അന്നമയാന്ത അന്നമയാന്തസ്ഥനായിരിക്കുന്നവൻ ജീവഭാവത്തിൽ ഇരിക്കുന്നവൻ സർവാന്തരസിയ പരമാത്മഭാവത്തിലിരിക്കുന്നവൻ ആകാശാദ്യന്നമയാതം കാര്യം സൃഷ്ടുവ സൃഷ്ടികർത്താവ് അനുപ്രവിഷ്ടസി അവനതിന്റെ ജീവഭാവത്തിൽ പ്രവേശിച്ചു തത്തുമസി ഹൃദയഗുഹാഭിസംബന്ധ അവന് ഈ ബുദ്ധിയുമായിട്ട് സംബന്ധമുണ്ടാവുന്നു ഹൃദയഗുഹബുദ്ധി അന്നമയാദിഷു അനാത്മസ്വ ആത്മവിഭ്രമ ആ ബുദ്ധി സംബന്ധം ഉണ്ടായിക്കഴിയുമ്പോൾ ആത്മവിഭ്രമുണ്ടാകുന്നു അപ്പൊ ബുദ്ധി മോക്ഷത്തിന് ഉപകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ുദ്ധിയാണ് ഈ ഭ്രാന്തിക്ക് കാരണമായത്സംബന്ധ അന്നമയാമസു ആത്മവിഭ്രമ ഇവിടെയൊക്കെ ആത്മബോധം ഉണ്ടാകുന്നു ബുദ്ധിയുള്ളതുകൊണ്ടാണ് ബുദ്ധി ഇല്ലെങ്കിൽ ഭ്രമമില്ല ആത്മവിഭ്രമം അങ്ങനെ വരുന്ന സംക്രമണേനെ ആത്മവിവേക വിജ്ഞാനോത്പത്തിനശ്ചിത് സംക്രമണം കൊണ്ടെന്ന് വെച്ചാൽ വിവേക ജ്ഞാനം കൊണ്ട് അത് നശിക്കുന്നു ആത്മവിഭ്രമം നശിക്കുന്നു ആത്മവിഭ്രമം എങ്ങനെ വരുന്നു തന്നെ കുറിച്ച് താൻ ആത്മാവാണ് എന്നുള്ള ചിന്തയ്ക്ക് പകരം താൻ ശരീരമാണ് താൻ മനസ്സാണ് ബുദ്ധിയാണ് താൻ ഇന്ദ്രിയങ്ങളാണ് ഇതാണ് ആത്മവിഭ്രമം സംക്രമണം കൊണ്ട് ആത്മവേക വിജ്ഞാനോത്പത്തി നശിക്കുന്നു അജ്ഞാനം നശിക്കുന്നു അജ്ഞാനത്തിന് പരമാർത്ഥത്തിൽ ജീവനെ ബന്ധിപ്പിക്കുന്നതിനുള്ള ശക്തി അജ്ഞാനം അനർവചനീയവും തുച്ഛവുമായതുകൊണ്ട് അനുജീവനെ ബന്ധിപ്പിക്കാൻ ശേഷിക്കില്ല അത് ആത്മാ വിവേകവിജ്ഞാനോത്പത്തി മിനശ്ചരി തൃകാലത്തിലും അതില്ലാതായിത്തീരുന്നു വിവേകവിജ്ഞാനം കൊണ്ട് വിവലമായ ആത്മാവിശേഷിക്കുന്നു അതാണ് സംക്രമണം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടിവിടെ സംക്രമണം എന്ന് പറഞ്ഞാൽ എന്താണോ ഈ വിഭ്രമാശം ഞാനും കൊണ്ട് സംഭവിക്കുന്നു ഈ അന്യഥ സർവകുദശ്യ സംക്രമണം അതങ്ങനെ ഗോണമായി പറയുകയാണ് സംക്രമണം മുഖ്യാർത്ഥത്തിലല്ല ഉപചര്യത്തെ അന്യഥ സർവഗത അതുകൊണ്ട് സർവഗതനായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന ആത്മാവിന് ഓരോ തരത്തിലുള്ള സംക്രമണവും സാധ്യമല്ല ആത്മബോധം അല്ലാതെ വസ്തുതരഭാവശം മാത്രമല്ല കൊണ്ട് രണ്ടാമതൊരു വസ്തുവില്ല സംക്രമിക്കാൻ ഒന്ന് മറ്റൊന്നും ചേരാൻ എന്ന ചസ്വാത്മനേവ സംക്രമണം താൻ തന്നിലേക്ക് സംക്രമിക്കാനും സാധ്യമല്ല ആത്മാനമേവ സംക്രമതി പുഴു സഞ്ചരിച്ച ഒരിടത്തുനിന്ന് വേറെ അടുത്തേക്ക് പോകാതിന് അതിനേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല നടക്കുന്നവന് തന്നിലേക്ക് നടക്കാൻ കഴിയില്ല സംക്രമണം എന്ന് പറയുന്നത് ജ്ഞാനമാണ് തസ്മാ സത്യജ്ഞാനം അനന്തം ബ്രഹ്മേതി യഥോക്ത ലക്ഷണാത്മ പ്രതിപത്യർത്ഥമേവ ബഹുഭവന സർഗപ്രവേശ രസാഭ അഭയ സംക്രമണാദി പരിഗണിത അങ്ങോട്ടാണ് സത്യജ്ഞാനം അത് ഉപദേശിച്ചു കഴിഞ്ഞു പക്ഷെ കേൾക്കുന്നവന് അത് മനസ്സിലായി അപ്പൊ തുടർന്ന് വീണ്ടും ഉപദേശിക്കുന്നു എന്നിട്ടും മനസ്സിലാകുന്നു അപ്പൊ ആ ഉപദേശത്തെ ഗ്രഹിക്കുന്ന ഉപായങ്ങൾ ഉപദേശിക്കുന്ന അടുത്ത് പറയുന്നു ഇതുവരെ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു ഇനി ഉപാസന ഉപദേശിക്കുന്നു ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കേട്ടു പക്ഷെ അത് ഫലം ചെയ്യുന്നു അജ്ഞാന സംശയ വിജയങ്ങളെ ഇല്ലാതാക്കുന്നില്ല തടസ്സമുണ്ട് ആ തടസ്സത്തെ മാറ്റുന്നതിന് വേണ്ടി വീണ്ടും ഉപാസനകളെ നിർദ്ദേശിക്കുന്നു മനസ്സിൻ്റെ അന്ധക്കരണത്തിന്റെ യോഗ്യതയ്ക്ക് വേണ്ടി ബ്രഹ്മണി സർവവ്യവഹാര വിഷയേ ബ്രഹ്മ സർവവ്യവഹാരങ്ങൾക്കും അവിഷയമാണ് ജാഗ്രസ്വപ്ന സുഷുദ്ധി വ്യവഹാരങ്ങൾക്കും അത് അവിഷയമാണ് എല്ലാം വ്യവഹാരത്തിൽപ്പെടുന്നതാണ് സർവവ്യവഹാരാവിഷയേ നത് പരമാർത്ഥത നിർവികൽപേ അത് നിർവികൽപ്പമാണ് ബ്രഹ്മണി കസ്തവി വികൽപ്പുദ്ധി അവിടെ യാതൊരു തരത്തിലുള്ള വികൽപ്പത്തിനും സാധ്യമില്ല ഉണ്ട് ഇല്ല എന്നുള്ള യാതൊരു വികൽപ്പോടെ സാധ്യമല്ല അധികവനമായ അദ്വൈതമായ വെളിച്ചമായി പ്രകാശിക്കുന്നു അപരോഷമായി പ്രകാശിക്കുന്നു തമേതം നിർവികൽപ്പം ആത്മാനം യുവ സംക്രമണം വക്രമ്യ വിചിത്വ ന വിഭേദി കുദർശന അങ്ങനെയുള്ള ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് നിർവികല്പമായ ആത്മാവിനെ അറിഞ്ഞിട്ട് വിധിത്വേദി അഭയം പ്രതിഷ്ഠവൻ ഒന്നിനെയും ശരിയായ രീതിയിൽ ശ്ലോകഭൂതി സർവശ്രീവാസി പ്രകടന ആനന്ദവല്യാർത്ഥ സംകാശനായ യേശ മന്ത്രോഭൂതി ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്ത മുഴുവൻ കാര്യങ്ങളും സംക്ഷേപിച്ച് പറയുന്നതിനും പരമാർത്ഥത്തിൽ പറയുന്നതിനും വേണ്ടിയിട്ടാണ് ഈ മന്ത്രം പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ബുദ്ധിക്ക് വിഷയമല്ല അപരോക്ഷമായ ബുദ്ധി ഇതിനെ സംബന്ധിച്ചുള്ള ജ്ഞാന സംശയങ്ങളും മാറ്റുന്നതേയുള്ളൂ അതുകൊണ്ടുകൂടെ യാതൊരു തരത്തിലുള്ള വികൽപ്പവും നിലനിൽക്കത്തിൽ ഇംസയും പ്രകാശിക്കുന്നതാണ് േ അപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിൻി ഗുസ്ഥംഭവന തധുനകം പാപം അകരവേ സ എത്തെ ആത്മാനം എസ് യം വേദ ഉപനിഷത്ത് यतो यस्मा यथ यस्वि यथोक्तक्षण अद्वयाद आनंदम वाचुअपिधा द्रव्यादि विकल वस्तु विषयाणसा नुर्विपिब्रमण प्रयोक् प्रकाशनाय प्रयुज्यना प्रकाशम थ्याये ഇപ്പോൾ ബ്രഹ്മത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശബ്ദത്തിനും ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ സാധിക്കും ബുദ്ധി ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ സഹായത്തോടുകൂടിയാണ് സത്ത് ചിത്ത് ആനന്ദം ഈ ശബ്ദങ്ങളുടെ സഹായത്തോടുകൂടി ഈ ശബ്ദങ്ങളെ പിൻപത്തി ബുദ്ധി അറിയാൻ ശ്രമിക്കുകയാണ് സത്ത് ചിത്ത് ആനന്ദം അതറിയാം എങ്ങനെ താൻ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നറിയുമ്പോൾ താൻ ജഡമല്ല അമിതമല്ല എന്നറിയുന്നു അത്രയുള്ളൂ അല്ല സത്ത് ചിത്ത് ആനന്ദ ശബ്ദങ്ങളുടെ അർത്ഥമായി അറിയുന്നില്ല അപ്രകാശീവ ഒരിക്കലും അത് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നില്ല ഇതാണ് ടോർച്ചടിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ശബ്ദങ്ങൾക്ക് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല മറിച്ച് പിന്തിരിയാണ് സുസാമർഥ്യാധീയത സാമർത്ഥ്യം നഷ്ടപ്പെടുന്നു ശബ്ദത്തിന്റെ സാമർത്ഥ്യം എന്താണ് അർത്ഥപ്രകാശന സാമർഥ്യം അത് നഷ്ടപ്പെട്ടു പോകുന്നു ശബ്ദത്തിന് അനുമതിപ്പെടുത്താൻ സാധ്യമല്ല എത്തോ വാച്ചോ നിവർത്തന്തി വാക്ക് നിവർത്തിക്കുന്നു അതോടെ പറയുന്ന എന്താണ് അപ്രാപ്യം മനസ്സാ സഹ മനസ്സിനോടൊപ്പം മനസ്സെന്താണ് മനയിൽ പ്രത്യേക വിജ്ഞാനം മനസ്സെന്ന് പറഞ്ഞാൽ പ്രത്യേകം അല്ലെങ്കിൽ വിജ്ഞാനം ബുദ്ധി ചെറുത് മനസ്സിനെയും ബുദ്ധിയൊക്കെ വെടുതിരിച്ചു പറയും കൂടെ ഒന്നുതന്നെ വാക്ക് പിന്തിരിയുന്ന നടത്തുന്നു ബുദ്ധിയും പിന്തിരിയുന്നു പറയുന്നത് ഇതിനെ അനുഭവിച്ചു സാക്ഷാത്കരിച്ചു അങ്ങനെ പറയാൻ കഴിയും ബുദ്ധി പിന്തിരിയണെങ്കിൽ അതൊന്നും സാധ്യമല്ല സാധ്യമല്ലെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് തച്ച എത്ര അഭിധാനം പ്രവൃത്തം അതീന്ദ്രിയപ്പിയർത്തിയെ തദ്ദേശ പ്രവൃത്തിയെ പ്രകാശനായ അതീന്ദ്രിയമായ കൂടിയും അതായത് സ്വർഗം അദൃഷ്ടം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടിയും ശബ്ദങ്ങളുണ്ട് അഭിധാന ശബ്ദമുണ്ട് തദ്ർത്ഥ പ്രവൃത്തിത്തെ പ്രകാശനായ അതീന്ദരിയമായ അർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയും ശബ്ദം പ്രയോഗിക്കാം സ്വർഗം അതീന്ദ്രിയമാണ് അതിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശബ്ദം പ്രയോഗിക്കാം പക്ഷെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ ശബ്ദം പ്രയോഗിക്കാൻ സാധ്യമല്ല അതിന് സച്ചിദാനന്ദവും പോലെ വിജ്ഞാനമാനന്ദു പറഞ്ഞാലും പോലെ തത്വമസി അഹംബ്രഹ്മാസി ഒന്നും അവിടെ പര്യാപ്തമാണ് അതുകൊണ്ടാണ് നമുക്ക് അബദ്ധം പറ്റുന്നു നമ്മളെന്താ ചെയ്യുന്നത് തത്വത്തെ ശ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദശ്രവണത്തിലൂടെ അർത്ഥത്തഗ്രഹിക്കുന്നു എന്നിട്ട് നമ്മൾ കരുതുന്നു ഈ ശബ്ദശ്രവണത്തിലൂടെ ഇതിൻ്റെ അർത്ഥമായിരിക്കുന്ന പരമാത്മാവിനെ ഗ്രഹിക്കുകയാണ് അത് സാധ്യമല്ല ശബ്ദത്തിനതിനെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ശേഷി ഇല്ല അതേ കാര്യം തന്നെ മനസ്സിൽ ശബ്ദം പ്രവർത്തിക്കുന്ന ബുദ്ധി ബുദ്ധി ശബ്ദാത്മകമായിട്ടാണ് ഇതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് സത്യം ബുദ്ധിശബ്ദാത്മകമായി ശബ്ദരൂപത്തിൽ അനുപെളിപ്പെടുത്താൻ ശ്രമിക്കും ജ്ഞാനം അനന്തം സർവത്ര പ്രവർത്തിക്കുന്നു അതാണ് പറഞ്ഞത് എത്ര ജ വിജ്ഞാനം തത്രവാചപ്രവൃത്തി എവിടെയാണ് ജ്ഞാനം അവിടെ വാക്യത്തെ പ്രവൃത്തി അത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇത് പുസ്തകം ഇവിടെ ജ്ഞാനമുണ്ട് ഇവിടെ വാക്യൻ്റെ പ്രവൃത്തിയുണ്ട് ഇപ്പൊ നമ്മൾ ബ്രഹ്മ ശബ്ദത്തെ അനുസന്ധാനം ചെയ്യുന്നു സച്ചിതാനന്ദം തത്തുമസിഹം ബ്രഹ്മാസ്മി ബുദ്ധി അനുസന്ധാനം ചെയ്യുന്നു ഇത് രണ്ടും ആത്മാവിൽ നിന്ന് പിൻവാങ്ങുന്നു അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിന്റെ അനുഭവം സാധ്യമല്ല ആത്മാവിനെ സത്തായിട്ടോ ചിത്തായിട്ടോ ആനന്ദമായിട്ടോ അനുഭവിക്കാൻ സാധ്യമല്ല എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത കാര്യമാണ് കാരണം വീണ്ടും ആത്മാനുഭവത്തെക്കുറിച്ച് പറയുന്നു ആത്മാവിനെ അനുഭവിക്കാൻ സാധ്യമല്ലെന്നും പറയുന്നു ഗുരുക്കന്മാരുടെ ആത്മാനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഞാനിയാണ് ഗുരു എന്ന് വെച്ചാൽ ആത്മാവിനെ അറിഞ്ഞ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം പുസ്തകം ഞാൻ ഇന്നിച്ച പുസ്തകത്തെ അറിയുന്നു ആത്മജ്ഞാൻ ചിന്തിച്ച ആത്മാവിനെ അറിയുന്നു ഇവിടെ പറയുന്ന ബുദ്ധി പ്രവർത്തിക്കുന്നില്ല അപ്പം ആത്മജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആത്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സംബന്ധിച്ച് ഞാനുള്ളവനെന്ന് തന്നെ അർത്ഥം പുസ്തകജ്ഞാനി എന്ന് പറഞ്ഞാൽ പുസ്തകത്തെക്കുറിച്ചുള്ള ഞാനുള്ളവനെന്ന് തന്നെ അർത്ഥം പക്ഷെ പുസ്തകത്തിൽ എന്ത് സംഭവിക്കുന്നു അവന്റെ ജ്ഞാനത്തിന് വിഷയമായൊരു പുസ്തകമുണ്ട് ആ ജ്ഞാനത്തിലൂടെ പുസ്തകത്തെ അറിയുന്നു ആത്മജ്ഞാനത്തിലെന്താണ് അവന്റെ ജ്ഞാനത്തിൽ നിന്നും വേറിട്ടൊരാത്മാവില്ല അതുകൊണ്ട് ജ്ഞാനത്തിലൂടെ ആത്മാവിനെ അറിയാൻ സാധ്യമല്ല ജ്ഞാനം സ്വയം തന്നെ അനുഭവരൂപമാണ് അനുഭൂതി അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയാൻ കഴിയത്തില്ല തനിക്ക് തന്റെ തൗളിക്കാരാൻ കഴിയത്തില്ല അതേസമയം ആത്മാവിനെ വിഷയമാക്കുന്ന ആ ജ്ഞാനം അത് പ്രത്യക്ഷമാണ് അത്രയും സംഭവിക്കും അതുകൊണ്ട് ഇവിടെ കർശനമായി നിഷേധിക്കുന്ന വിജ്ഞാനത്ത് വിജ്ഞാനം കൊണ്ട് സാധ്യമല്ല വിജ്ഞാനം അജ്ഞാനത്ത് നിഷേധിക്കുന്നു അത്ര എന്നാണ് മനീതി പ്രത്യോ വിജ്ഞാനം തച്ചിത്ര അഭിധാനം പ്രവൃത്തി അതീന്ദ്രിയർത്തിയ തദ്ദേശ പ്രവൃത്തിയെ പ്രകാശനായ അഭിധാന ശബ്ദം പ്രവർത്തിക്കുന്നതിൽ തന്നെ അതീന്ദ്രിയമായ വിഷയങ്ങളിൽ കൂടി അത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എത്ര ച വിജ്ഞാനം തത്രവാച പ്രവൃത്തി അവിടെ വിജ്ഞാനമുണ്ടോ അവിടെ വാക്കും പ്രവർത്തിക്കുന്നു തസ്മാ സഹൈവവാ മനസ്സെയോ അഭിധാന പ്രത്യയോ പ്രവൃത്തി സർവത്ര അതുകൊണ്ട് വാക്കും മനസ്സും ചേർന്നാണ് സർവ്വ വിഷയങ്ങളും പ്രവർത്തിക്കുന്നത് അതൊക്കെ ശരിയാണ് തസ് ബ്രഹ്മ പ്രകുക്തി പ്രയുജ്യമാന വിവാച യസ്മാനഭിയാ അദൃശ്യശേഷണ സഹൈ മനസനസമർന നിവർത്തനന്ദം ശ്രോത്രീയസ്രജന അക്കാമഹത വിനർമുക്ത ആത്മഭൂതം വിഷയവിഷയ സംബന്ധ വിനർമുക്തം സ്വാഭാവികം നിത്യം അവിഭക്തം പരമാനന്ദം ബ്രഹ്മണോ വിദ്വാൻ യഥോക്തേന വിധനശ്ചന നിമിത്താഭവാ ആത്മാനുഭവം എന്താണെന്നുള്ളതിനെക്കുറിച്ചും ആത്മാനന്ദം എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഇവിടെ ഭാഷകാരം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് എന്താണ് ആത്മാനുഭവം മനസ്സും ബുദ്ധിയും എല്ലാം പിൻവാങ്ങുന്ന ഇതാണ് ആത്മാനുഭവം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ അനുഭവമില്ലാത്ത അനുഭവം വിദ്വാൻ പ്രത്യക്ഷമായിരിക്കുന്നത് എന്താണ് ആത്മാവല്ല ആത്മജ്ഞാനം അതാണ് പ്രത്യക്ഷമായിരിക്കുന്നത് അത് പ്രത്യക്ഷമാകും ബുദ്ധി വിദ്വാന് പ്രത്യക്ഷമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബുദ്ധിയുണ്ട് അത് എനിക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് എന്റെ ബുദ്ധി എനിക്ക് പ്രത്യക്ഷമാണ് അത്രയും സംഭവിക്കാം പക്ഷേ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ആത്മാവത് പ്രത്യക്ഷമുണ്ട് ആനന്ദം പ്രത്യക്ഷമാണ് എങ്ങനെയുള്ള ആനന്ദം ഇവിടെ പറയുന്നു വിഷയവിഷയി സംബന്ധത്തോടു കൂടിയാണെന്ന് ധ്യാനിച്ച് ധ്യാനിച്ച് മനസ്സിൻ്റെ സൂക്ഷ്മമായ എന്നുവെച്ചാൽ സാത്വികമായ തലങ്ങളിലെത്തിയാൽ അവിടെ വലുതായ ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റും ദേവന്മാരും മറ്റും അനുഭവിക്കുന്ന ആനന്ദത്തെ അതെന്താണ് മനസ്സിൻ്റെ സാത്വികമായ ഭാവം സത്വവും ജ്ഞാനവും സുഖവുമാണ് രണ്ടുമാണ് ഗീതി നമ്മൾ പഠിച്ചു അവിടെ ആനന്ദമുണ്ട് അവിടെ എന്താണ് വിഷയവിഷയി സംബന്ധം ഇവിടുത്തെ ആനന്ദത്തെ കുറിച്ച് പറയുന്നത് എന്താണ് പരമാനന്ദം ഈ പരമാനന്ദം എന്താണ് അത് സ്വാഭാവികമാണ് നിത്യമാണ് അവിഭക്തമാണ് അതിനാണ് വിദ്വാൻ അറിയുന്നത് സാക്ഷാത്കരിക്കുന്നത് അതിനെ സാക്ഷാത്കരിക്കുന്ന ആ ജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത് വിദ്യ എന്ന് പറയുന്നത് ഇപ്പോൾ പരമാനന്ദത്തെ സാക്ഷാത്കരിക്കുന്നു എങ്ങനെ സാക്ഷാത്കരിക്കുന്നു അവിഷയമായി അപരോക്ഷമായി അങ്ങനെ സാക്ഷാത്കാരമെന്ന് പറയും മറിച്ച് ആനന്ദം അല്ലെങ്കിൽ ജ്ഞാനം ഇത് വെളിപ്പെടുത്തുന്ന രീതിയിലല്ല പ്രകാശിപ്പിക്കുന്ന രീതിയിലല്ല പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം അല്ലെങ്കിൽ ആനന്ദം അതാണ് ഇവിടെ പറഞ്ഞത് വിഷയവിഷയി സംബന്ധത്തോടുകൂടി ഇത് ഇതങ്ങനെയല്ല അതിനുവേണ്ടിയുള്ള എല്ലാ അഭ്യാസങ്ങളും ബഡ്ജമാണ് ബുദ്ധിക്ക് അത് വെളിപ്പെടുന്നില്ല എന്നാലും നമ്മൾ ആ ശബ്ദങ്ങൾ ഉപയോഗിക്കും ആത്മാവിന്റെ അനുഭവം ആത്മാവിന്റെ സാക്ഷാത്കാരം ആത്മാവിന്റെ പ്രത്യക്ഷം ഇതെല്ലാം നമ്മൾ ശബ്ദം പ്രയോഗിക്കാറുണ്ട് ഗുരുക്കന്മാരെല്ലാം പ്രയോഗിക്കാറുണ്ട് അതിന്റെ താൽപ്പര്യം വേറെയാണ് എന്താണെന്ന് അത് സ്വാഭാവികം എന്നാണ് ആത്മാവിനെ ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ആത്മാവിനെ സംബന്ധിച്ച വാസ്തവ ഞാനും എന്നിലുണ്ടെന്ന് തന്നെ ആത്മാവിനെ സംബന്ധിച്ച പരമാർത്ഥം ഞാനും എന്നിലുണ്ടെന്ന് തന്നെ എന്താ ഉള്ളത് ആ ജ്ഞാനം അതും അതിന്റെ ആവശ്യമെന്താ അത് ആത്മാവിനെ സംബന്ധിച്ച വിഭ്രമങ്ങളെ നീക്കി അജ്ഞാനത്തെ നീക്കി അത്രയും അതാണ് എങ്ങനെയുള്ള ആത്മാവ് സ്വാഭാവികം നിത്യം അവിഭക്തം പരമാനന്ദം അങ്ങനെയുള്ള ആത്മാവിനെ സംബന്ധിച്ചുള്ള അതിനു വിപരീതമായ സർവത്തെ അത് ഇല്ലാതാക്കിയെന്നേ നടത്തോ ആ അതിനുള്ള ഒരു ജ്ഞാനമുണ്ട് ആ ജ്ഞാനത്തെയാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത് പരമാനന്ദ സ്വരൂപമായി ആത്മാവിനെ ആനന്ദിക്കാനൊക്കത്തില്ല അപരോക്ഷ സ്വരൂപത്തിലിരിക്കുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല രണ്ടും പറയുന്നു പരസ്പര വിരുദ്ധം പോലെ തോന്നും വിരുദ്ധമല്ല ഒന്നു പറയുന്നത് ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് ഒന്നു പറയുന്നത് ആ സ്വരൂപത്തിന് മറച്ചിരിക്കുന്ന മറകളെ നീക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച് ഒന്ന് സ്വയം അപരോക്ഷമായിരിക്കുന്നു മറ്റൊന്ന് വിദ്വാന പ്രത്യക്ഷമായിരിക്കുന്നു ആത്മാവ് സ്വയം അപരോക്ഷമായിരിക്കുന്നു ആത്മജ്ഞാനം വിദ്വാനപ്രത്യക്ഷമായിരിക്കുന്നു അത് കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്താൽ വീണ്ടും വിഷയം ബുദ്ധി പിൻവാങ്ങുന്നു എന്നാൽ ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോ വരുന്ന വൈരുദ്ധ്യത്തെ പരിഹരിക്കാൻ വേണ്ടി പറയുക അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അറിയുന്നാൽ ആത്മ ഞാനും ആത്മാവിനെ ചെന്ന് ആത്മാവ് വിഷയമല്ല എന്നറിയുന്നു ഞാൻ ആത്മാവ് ആനന്ദരൂപത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതല്ല എന്നറിയുന്നു ഞാൻ അങ്ങനെ ആത്മാവിൻ്റെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്ന ഞാന ഈ ജ്ഞാനം ഒരു വിദ്വാൻ പ്രത്യക്ഷമാണ് ആ ജ്ഞാനം പ്രത്യക്ഷമായതുകൊണ്ട് അവിടെ അക്കാരണത്താൽ ആത്മാവ് പ്രത്യക്ഷമാണെന്ന് പറയാൻ വയ്യ അതുകൊണ്ട് ആത്മാവിന്റെ ആനന്ദത്തെ അനുഭവിക്കുന്നതെന്ന് പറയാൻ വയ്യ എന്തുകൊണ്ടത് സ്വാഭാവികമാണെന്ന് അനുഭവിക്കാൻ ഇല്ല അനുഭവിക്കുന്നവനും അനുഭവിക്കുന്നതിനാണില്ല പിന്നെ മനസ്സിന്റെ ശുദ്ധവും സാത്വികവും നിർമ്മലവുമായ അവസ്ഥകളെ അനുഭവിക്കുമ്പോൾ അവിടെ വിശേഷ ജ്ഞാനവും ആനന്ദവുമെല്ലാം ഉണ്ടാവും അതിവിടെ പറയുന്ന സ്വാഭാവികമായ പരമാനന്ദമല്ല മറ്റത് ബുദ്ധിയിൽ ബുദ്ധിയുടെ സഹായത്തോടെ അറിയുന്നു ഇവിടെ ബുദ്ധിയിൽ ബുദ്ധിയുടെ സഹായത്തോടെ അറിയുന്നതല്ല എന്നാലൊരു ജ്ഞാനത്തെ അവിടെ അംഗീകരിക്കുന്നു നിഷേധിക്കുന്നില്ല തസ്മാ ബ്രഹ്മപ്രകാശനായ സർവധാ പ്രയോക്തി ബി പ്രയോജ്യമാണ് അഭിവാചം പറയുന്നത് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന വാക്കുകൾ ഗുരുക്കന്മാരും ശാസ്ത്രവും എല്ലാം ഉപയോഗിക്കുന്ന വാക്കുകൾ അതാണ് പ്രയോക്തി ബി പ്രയോജ്യമാണ് അഭിവാചമാണ് സച്ചിദാനന്ദ മഹബ്രഹ്മാസ്മി തത്തു മസി തുടങ്ങിയ അനേക വാചകം നമ്മളീ പറയുന്ന എല്ലാ വാക്കുകളും ഇതെല്ലാം യസ്മാൻ അപ്രത്യവിഷയാ ജ്ഞാന വിഷയമല്ല അത് വാക്കിന് വിഷയമല്ല അതാണ് അപ്രത്യവിഷയം അനഭിധേയമാണ് അദൃശ്യാ അതൊരു ദർശനത്തിനും വിഷയമല്ല സർവദർശനങ്ങൾക്കും ആധാരമാണ് സർവദൃശ്യങ്ങൾക്കും ആധാരമാണ് സർവവാക്കുകൾക്കും അത് ആധാരമാണ് അപ്രത്യ യസ്മാ അപ്രത്യ വിഷയാനഭിത്യ അദൃശ്യാദിവിശേഷണ സഹൈവ മനസ്സാവിജ്ഞാനേന വാക്കുകളും മനസ്സും എല്ലാം സർവപ്രകാശന സമർത്ഥേന ഇത് എന്തിനെയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ള വാക്കിനും മനസ്സിനും എന്തിനേയും പ്രൗഢമാക്കാം പക്ഷേ നിവർത്തന്ത എവിടെ നിന്ന് പിൻവലിയുന്നു എന്നിട്ടും പറയുന്നു ഞാൻ ആത്മാവിനെ ആത്മസ്വരൂപത്തെ പ്രത്യക്ഷമാക്കി ഞാൻ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നു ആത്മസ്വരൂപാനന്ദത്തെ അനുഭവിക്കുന്നു അസാധ്യമല്ല അതുകൊണ്ടെന്നാണ് താൻ ബ്രഹ്മണാനന്ദം ആ ബ്രഹ്മത്തിന്റെ ആനന്ദം എന്താണത് പരമാനന്ദം നമ്മളെ അനുഭവിക്കുന്ന ഒന്നും പരമാനന്ദമല്ല എത്ര സാത്വികമായ അവസ്ഥയിൽ അനുഭവിക്കുന്ന എത്ര ശ്രേഷ്ഠമായ ആനന്ദവും പരമാനന്ദമല്ല മറിച്ച് എന്താണ് ആ പരമാനന്ദം ശ്രോത്രിയസ്യ ശ്രോത്രിയന്റെ ആത്മജ്ഞാനിയുടെ അഭൃജനസ്യ പാപരഹിതന്റെ ആത്മാവ് പാപ വിനിർമുക്തമാണ് എന്ന് സാക്ഷാത്കരിച്ചവനാണ് പാപരഹിതൻ ആ കാമഹത കാമങ്ങളെല്ലാം അന്ധകരണത്തിലാണ് ആത്മാവിലല്ല എന്നറിഞ്ഞ് കാമങ്ങളാൽ ഹനിക്കപ്പെടാത്തവൻ സ്വസ്വരൂപത്തിൽ അതിന് വീണ്ടും പറയും ഭാഷക്കാർ സ്വസ്വരൂപത്തിൽ കാമനകളില്ല സ്വസ്വരൂപത്തിൽ പാപങ്ങളല്ല എന്നറിഞ്ഞവൻ സർവേഷണ മിനർമുക്ത അസ്വസ്വരൂപ സർവേഷണകളിൽ നിന്നും മിനർമുക്തമാണ് സർവകാമനുകളിൽ നിന്നും മിനോർമുക്തനാണെന്നറിഞ്ഞവൻ അവന്റെ സ്വരൂപമാണ് ആനന്ദം എന്ന് പറയുമ്പോൾ അത് ബുദ്ധിക്ക് വെളിപ്പെടുന്നതല്ല ബുദ്ധി കൊണ്ട് അനുഭവിക്കുന്നതല്ല ഒരു ഗുരുക്കന്മാരും അനുഭവിച്ചതല്ല അസ്വസ്വരൂപത്തെ ആരും അനുഭവിച്ചിട്ടില്ല എന്തുകൊണ്ട് ബുദ്ധി അവിടെ നിന്ന് പിൻവലിഞ്ചു പോയി വിഷയവിഷയി സംബന്ധം വിനർമുക്തം വീണ്ടും തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി പ്രയാണ് ആനന്ദമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാം പുതിയ ആനന്ദത്തെ അനുഭവിക്കാം പക്ഷെ അവിടേക്ക് എന്ത് വരുന്ന വിഷയവിഷയി സംബന്ധമുണ്ട് ധ്യാനിക്കുന്നവൻ ധ്യാനിക്കുന്നവൻ അനുഭവിക്കുന്ന ആനന്ദം ഇങ്ങനെ ഒരാൾ പറയുന്നു ധ്യാനിക്കുന്നവൻ തന്നെ മറന്നിട്ട് ആനന്ദത്തെ അനുഭവിച്ചു എന്ന് പറയും അങ്ങനെയും സംഭവിക്കാം ധ്യാനിക്കുന്നവൻ തന്നെ വിസ്മരിച്ചിട്ട് ആനന്ദത്തെ അനുഭവിച്ചു ലൗകികമായ ആനന്ദങ്ങളും ധ്യാനിക്കേണ്ട ആവശ്യമില്ല തന്നെ മറന്നിട്ട് ആനന്ദത്തെ അനുഭവിക്കും ആസുഖത്തിൽ ഞാനെല്ലാം മറന്നുപോയിരുന്നു പക്ഷെ തന്നെ മറന്നൂർ എന്ന് പറയുന്ന വസ്ത്രമാണ് പക്ഷേ അതാരനുഭവിച്ച് അന്യനാണോ അനുഭവിച്ചു താണ്ടെന്നെ അപ്പം അവിടെ അനുഭവിക്കുന്നവനുണ്ട് വിഷയിണ്ട് വിഷയവും ഉണ്ട് ആനന്ദവും ഉണ്ട് ഒരാൾ പറഞ്ഞ് ഞാൻ പരവുമായ ആനന്ദത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ശരി ഒരു വിഷയങ്ങളും കൂടാതെ ഞാൻ ധ്യാനിച്ച് പരവുമായ ആനന്ദത്തെ അനുഭവിച്ചതിനോട് വിഷയ വിഷയി സംബന്ധമുണ്ട് എന്തുകൊണ്ട് അവിടെ ആനന്ദത്തെ അനുഭവിച്ച ഒരുവരുണ്ട് അതുകൊണ്ടാണ് അവൻ സ്മരിക്കുന്നത് പറയുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് സ്വാഭാവികമല്ല ഇവിടെ പറയുന്നത് സ്വാഭാവികമായ ആനന്ദത്തെക്കുറിച്ചാണ് അതിന് ഈ പറയുന്ന വിഷയവിഷയ് സംബന്ധമില്ല നിത്യമാണ് ഭക്തവാന് വേർതിരിക്കാൻ കഴിയത്തില്ല എന്താണ് എനിക്ക് ആനന്ദമുണ്ട് നിനക്കില്ല അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല എന്റെ ഗുരുവിന് ആനന്ദം ഉണ്ട് എനിക്കില്ല എന്ന് വേദിതിരിക്കാമോ അതാണ് പരമാനന്ദം ബ്രഹ്മണ ബ്രഹ്മസ്വരൂപമായ പരമാനന്ദം അതിനെ വിദ്വാൻ ഇങ്ങനെ അറിയുന്നവൻ ഇത്തരത്തിലറിയണം പരമാനന്ദത്തെ വിഷയമായിട്ടുള്ള അവിഷയമായിട്ടറിയണം അങ്ങനെ അറിയുന്ന ജ്ഞാനം അത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനമാണ് അക്കാര്യത്തിൽ സംശയവിപരീയ ഭ്രമങ്ങൾ യാതൊന്നുമില്ല അതിനു മുമ്പ് എത്ര വലിയ ആനന്ദത്തെ ഒരാൾ വ്യക്തമായി അപരോക്ഷമായി അനുഭവിച്ചാലും ശരി അവൻ പരമാനന്ദത്തെ പരമാർത്ഥത്തെ അവൻ അറിയുന്നില്ല പരമാർത്ഥത്തെ അറിയുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് എത്ര വലിയ ആനന്ദമായാലും ശരി താൻ അനുഭവിച്ചതല്ല പരമാർത്ഥം പരമാർത്ഥ സ്വാഭാവികമാണോ യഥോക്തേനോ വിധിന വിഭേദിക്കുത്തച്ഛന അവൻ ഭയക്കുന്നില്ല ഒന്നും ഉപദേശ രീതിയിൽ അവന് മാത്രമേ ഭയമില്ലാതെയുള്ളൂ എന്തുകൊണ്ട് നിമിത്ത ഭാവ ഏറ്റവും വലിയ ആനന്ദത്തെ ധ്യാനത്തിൽ അനുഭവിച്ചാലും അവൻ ഭയക്കും എങ്ങനെയാ ഭയക്കുന്നത് അവൻ താൻ അനുഭവിച്ച ആനന്ദം ഇനി ധ്യാനിച്ചാൽ ലഭിക്കുമോ ആ ആനന്ദത്തിൽ കുറെ സമയം കൂടി ഇരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷെ നഷ്ടപ്പെട്ടുപോയി ഇനിയും അതുപോലെ നഷ്ടപ്പെടുമോ ഭയമുണ്ടാവും അഭയേ ഭയദർശന അഭയത്തിൽ ഭയം വരാൻ പാടില്ല പക്ഷേ ഇതൊക്കെയാണ് അഭയമെന്ന് ധരിച്ചിട്ട് അതിനെ ഭയപ്പെടുന്നത് അവിടെ ഭേദമുണ്ട് ഇവിടെയാണെങ്കിലോ നമ്പിഭേദി ആനന്ദം സ്വസ്വരൂപമാണെന്നറിയും അത് അനുഭവത്തിന് വിഷയമാണെന്ന് അവൻ കരുതുന്നില്ല അതുകൊണ്ട് സ്വസ്വരൂപമായ ആനന്ദത്തെ പ്രാപിക്കുന്ന ആനന്ദത്തെ നിലനിർത്തുന്നതിനും അതിനെ നശിക്കാതാക്കുന്നതിനുള്ള ശ്രമങ്ങളൊന്നും അവന്റെ ഭാഗത്തു നിന്നില്ല കൃതകൃത്യനായിരിക്കുന്നു എന്ന് പറയുന്നതാണ് ധ്യാനിച്ച ആനന്ദത്തെ സാക്ഷാത്കരിക്കുന്നവൻ വ്യവഹാരത്തിൽ വന്നാൽ ഭയക്കും വിറക്കും അസ്വസ്ഥനാകും ഞാൻ ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് നല്ല സുഖമുണ്ടായിരുന്നു നല്ല ആനന്ദം ഉണ്ടായിരുന്നതാ ഇവിടെ വന്ന് വ്യവഹാരത്തിൽ നിന്നെല്ലാം പോയി ഞാൻ ധ്യാനിച്ചപ്പോൾ ജ്ഞാനിയായിരുന്നതാ വ്യവഹാരത്തിൽ നിന്നെല്ലാം പോയി മൂഢത അതാണ് ഞാൻ ധ്യാനിച്ചപ്പോൾ ആത്മജ്ഞാനനിഷ്ഠനായിരുന്നതാ വ്യവഹാരത്തിൽ വന്നു എല്ലാം പോയി അങ്ങനെ വ്യവഹാരത്തെ ശപിക്കും ഇതിൽ നിന്നൊക്കെ ശ്രമിക്കും എന്തുകൊണ്ട് നമ്മൾ സാക്ഷാത്കരിച്ചതും അനുഭവിച്ചതും അറിഞ്ഞതും ഒന്നും പരമാർത്ഥമായിരുന്നു തീർച്ചയായും നമുക്ക് സാക്ഷാത്കാരം അനുഭവം എല്ലാം ഉണ്ടായി അതൊന്നും സത്യമല്ല അതെല്ലാം ഭ്രാന്തിയാണ് അതുകൊണ്ട് ഈ ഭ്രാന്തി വിട്ടിട്ട് ആ ഭ്രാന്തി വേണമെന്ന് ശാന്തി വേണം സമാധാനം വേണം സ്വസ്ഥത വേണം ആനന്ദം വേണം ഇതൊക്കെ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ഭയമുള്ളതുകൊണ്ട് വിദ്വാൻ ഇതിനെയൊന്നും ആഗ്രഹിക്കുന്നില്ല കുറുവൻ അഭിനന്ദിതേ ഗീതയിൽ മറ്റൊരു തരത്തിന് ഇതൊക്കെ നൂറ് തവണ ചർച്ച ചെയ്ത പക്ഷെ തലയിൽ കേരളത്തില അപ്പൊ നമ്മളൊരു ശാന്തിയെ പ്രാപിച്ചാൽ ആനന്ദത്തെ പ്രാപിച്ചാൽ നിനസേകം നഷ്ടമാണ് അതുകൊണ്ടാണ് ഇതിന് നിത്യപ്രാപ്തം എന്ന് പറയുന്നത് ചെറിയ ജോലി എന്താ പറയുന്നു മനുഷ്യന് സമാധാനം വേണ്ടെന്നാണ് മനുഷ്യന് സമാധാനം വേണം ഇവിടെ ചർച്ച ജീവന്റെ സമാധാനത്തെ കുറിച്ചല്ല അത് പ്രാപിച്ചാൽ നഷ്ടപ്പെടും ഒരു സംശയവും വേണ്ട ശാന്തി പ്രാപിച്ചാലും നഷ്ടപ്പെടും അവിടെ പറയുന്ന എന്താണ് പരം ശാന്തിയും ഗീതയും പരുന്നു പൈരി പ്രാപിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ എന്താണ് ഈ പ്രാപിക്കുന്ന ശാന്തിയല്ല ഇതല്ല ശാന്തി ഇതൊക്കെ അശാന്തിയാണെന്ന് അറിയുന്നതാണ് ആ അറിവിൽ അവനനുഭവിക്കുന്ന കൃത്യത്തെത്തിയത് അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സമാധിയിലെ പരമാനന്ദവും വ്യവഹാരത്തിലെ അശാന്തിയും തുല്യം തന്നെ അത് ഭേദമില്ല എന്ന് പറയുമ്പോൾ അവിടെ അശാന്തിയാണ് അത് ശാന്തി സമാധി എന്ന് പറയുമ്പോൾ അവിടെ പരമാനന്ദമാണ് സംശയമില്ല ഇത് രണ്ടുപേരണം സംബന്ധിച്ച് തുല്യമാണ് എന്തുകൊണ്ട് സ്വാഭാവികം നിത്യം അവിഭക്തം പരമാനന്ദമാണ് ഇതിന്റെ സ്വരൂപം എന്നവൻ ധരിച്ചിരിക്കുന്നു അപ്പോൾ മറ്റു തരത്തിലുള്ള ശാന്തി സമാധാനങ്ങളൊന്നും ആവശ്യം പക്ഷെ ലോകത്തിന് ശാന്തി സമാധം ഒന്നും ഉപദേശിക്കുന്നല്ല പറയുന്നു അതും മറ്റൊരു കാര്യം വ്യവഹാരത്തിലെ ശാന്തി സമാധം കുറിച്ചല്ല ഇവിടെ പറയുന്നു അത് വേണ്ടെന്നോ അതാകാം പക്ഷെ ഇവിടെ പറയുന്നത് പരമാർത്ഥത്തിൽ അതല്ല ശാന്തി അതെല്ലാം വീണ്ടും ഭയത്തെ ഉണ്ടാകുന്നതാണ് അതെല്ലാം നഷ്ടബോധത്തെ ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ട് അവിടെ നിമിത്തങ്ങളുണ്ട് നിമിത്തങ്ങളെ ആശ്രയിച്ചാണ് നമ്മളതൊക്കെ നേടിയെടുത്തത് ഇവിടെ എന്താണ് നിർനിമിത്തമാണോ ഇവിടെ പറഞ്ഞാലോ വിഷയവിഷയി സംബന്ധം ഇനിർമുക്തമാണത് ഇവിടെ നിമിത്തമില്ല അതുകൊണ്ടെന്താണ് നാം വിഭേദി അവൻ ഭയക്കുന്നില്ല എന്റെ ശാന്തി നഷ്ടപ്പെടും എന്റെ സ്വസ്ഥത നഷ്ടപ്പെടും എന്റെ ആനന്ദം നഷ്ടപ്പെടും ഭയക്കുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ഒന്നും നേടിയിട്ടില്ല നേടിയാലേ ഭയക്കേണ്ടി നേടിയാൽ യോഗക്ഷേമം അതിന് വേണ്ടിയിട്ട് നയിതസ്മാത് വിുഷു അന്യത് വസ്തു അസ്തി ഭിന്നം ഇതോ വിഭേദി അതുകൊണ്ടെന്താണോ വിദ്വാനെ സംബന്ധിച്ച് ഈ പരമാർത്ഥത്തെ മനസ്സിലാക്കിയവനെ സംബന്ധിച്ച് അന്യ വസ്തു സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല ശാന്തിയോ ആനന്ദമോ ദുഃഖമോ ആത്മാവോ അനാത്മാവോ യാതൊന്നുമില്ല ഭിന്നം ഏതോ വിപേരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയക്കും അതുകൊണ്ട് അവൻ ഭയക്കുന്നുമില്ല അതാണ് വിദ്വാന്റെ അഭയം എന്ന് പറയുന്നു അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്ങളെല്ലാം ഇല്ലാതിരിക്കുന്ന ഒരു അഭയത്തെക്കുറിച്ചല്ല പറയുന്നത് അഭയം പ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്താണ് അത് ആത്മസ്വരൂപം തന്നെ ആത്മസ്വരൂപം ഭയശൂന്യമാണോ എന്നുള്ള അറിവ് പ്രത്യക്ഷമായ അറിവ് ആ അറിവിൽ പിന്നീട് കൃത്രിമമായ അഭയം ശാന്തി സമാധാനം ഒന്നും മനസ്സുകൊണ്ട് അവൻ സൃഷ്ടിച്ചെടുക്കുന്നില്ല അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്